ആത്മ തത്വ അവനാദിന്റെ ഇപ്പ് പറഞ്ഞ തരത്തിലുള്ള വൃത്തി അറിയുമ്പോൾ ഞാൻ അവസാന ചിന്തചാരം കൊണ്ട് കാണിക്കരുത് ഉപാസനായിരിക്കും എന്നുടനും ചാത്തര്യങ്ങളും പ്രവർത്തിക്കരുത് പിന്നെ കൗതുകങ്ങളെല്ലാം നിശ്ചിതവനായി ചെയ്യുക ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള ഇതെല്ലാം സർവത സുഖമഭ്യ ഇപ്പറിയുന്ന എല്ലാ കാര്യങ്ങളും ഇതാണ് പ്രത്യേകത എന്ന് പറഞ്ഞു ഇത് ആത്മതത്വം അവരോ എല്ലാം ലഭിക്കുന്ന ആത്മതത്വം അവരുപതും ആത്മതത്വജ്ഞാനം ഇവിടെ ആത്മതത്വജ്ഞാനം എന്ന് പറയുന്നത് അദ്വൈതജ്ഞർച്ച ആദ്വൈതജ്ഞാനം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് ആത്മതത്വ അവലോകനം ആത്മത്വ അനുസന്ധാനം എല്ലാ രീതിയിലും ആത്മതത്വത്തെ അനുസന്ധാനം ചെയ്യുന്നത് അങ്ങനെ വഴികളാണ് പറയുന്നത് സാധാരണ പറയുന്ന രീതിയിലാണ് ഈ ശ്രോണമെന്ന് ഈദ്രാസ്തി അതുകൊണ്ട് ഇങ്ങനെ ഒരു വിശേഷം ഞാനുണ്ടാവും നാന്യത്തിൽ നാന്യത്തിൽ വേറൊരു വഴി തസ്മാ വിചാരേണ ആത്മീയ അന്വേഷ്യ ഉപാസനവ്യം ജാതവ്യാവജ്ജീവം പുരുഷേ നൈതര ആത്മാവേ ശ്രോതവ്യോ ജ്ഞാതവ്യ ശ്രോതവ്യോ മന്ദവ്യോ അനേത്യാസിക എന്നുവെച്ചു വിജ്ഞാന പ്രജ്ഞർ എന്നെല്ലാം പറയുന്നത് ശ്രുതിയുടെ താല്പര്യം അത് വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തസ്മാത് വിചാരേണ ആത്മ അന്വേഷ വിചാരത്തിലൂടെയാണ് ആത്മാഅന്വേഷണം നടത്തേണ്ടത് ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് വിചാരമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി അങ്ങോട്ട് പറയുമ്പോഴും വിചാരമാണ് ഉപാസനീയവും ആത്മാവിനെയാണ് ധ്യാനിക്കേണ്ടത് ഉപാസന എന്ന് വെച്ചുകൂടെ ധ്യാനം ഭാവന ഏതിഹാസം എന്ന് പറയുന്നതാണ് ജ്ഞാത്യവും ആത്മാവാര ദ്രഷ്ടവ്യം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജ്ഞാത്യം അങ്ങനെ ആത്മാവിനെ ആത്മാവ്തവ്യം ആത്മാവിനെ തന്നെ അറിഞ്ഞു ഈ പറയുന്ന എല്ലാ അവസ്ഥയിലും എത്തിച്ചേരണി വേറെ ഒരു വഴി ആത്മാവിനെ തന്നെ എറിഞ്ഞു ലോകത്തറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ആത്മാവിനെ തന്നെ അറിഞ്ഞു എപ്പോ യജീവം മരണം വരെ ജീവിച്ചിരിക്കുന്നതുവരെ പുരുഷേന മനുഷ്യൻ മരണം വരെ ആത്മാവിനെ തന്നെ വിചാരണിക്കണം അന്വേഷിക്കണം ധ്യാനിക്കണം അറിയണം മറ്റൊന്ന് അദ്വൈതത്തിന്റെ സാമ്പ്രദായികമായ നിലപാട് പറയും പറയുന്നത് ആത്മ ജ്ഞാനത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് അതിൻ്റെ വരെ ജ്ഞാനം അറിവും അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ വിശേഷിച്ച് അദ്വൈതജ്ഞാനം ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അദ്വൈതജ്ഞാനം മാത്രമല്ല അദ്വൈതജ്ഞാനമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മനുഷ്യന്മാരെല്ലാം എന്ന് പറയുന്നത് ഗൗതമനും പ്രണാമനും കപലനും ജൈവിനീ എത്രയോ പേരുണ്ടായി അവരെല്ലാ ആത്മജ്ഞാനികളായിരുന്നു പക്ഷെ ഇവിടെ അദ്വൈതജ്ഞാനം കേൾ പറയുന്നത് ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഓരോരുത്തരും പറയുന്നത് മോക്ഷമാണ് മോക്ഷത്തിൽ ആത്മാവ് ദ്രവ്യമാണ് എന്ന് പറഞ്ഞ് കണാദനം ദ്രവ്യം എന്ന് പറഞ്ഞാൽ മേശ പോലൊരു വസ്തു എന്ന് പറഞ്ഞ പ്രണാതനും പോകുന്നവനും എല്ലാം പറയുന്നത് എന്താണ് ആത്മജ്ഞാനം കൊണ്ട് മോക്ഷ അവിടെ ഈ ആത്മജ്ഞാനം എന്നുള്ളതിനാണ് അപ്പൊ പ്രാധാന്യം വരുന്നത് ആത്മാവിനെന്താ പിന്നെ അവർക്ക് എങ്ങനെ പറയാൻ കഴിയും ആത്മജ്ഞാനം കൊണ്ട് മോക്ഷ പിന്നെ നമ്മള് പല പല കാരണങ്ങളും കൊണ്ടും പിൽക്കാലത്ത് പ്രചാരം നേടി അദ്വൈത ആത്മ അത് ആ ജ്ഞാനം അതിനെ മാത്രമേ നമ്മൾ അറിയുന്നതും അതിനാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നു അറിയുന്നതും അതിനാണ് അവസാനം തറങ്ങുന്നു അത് ആത്മാവിനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ ആ വ്യാഖ്യാനത്തെ അംഗീകരിക്കാത്തവരും പറയുന്ന എന്താണ് ആത്മജ്ഞാനം കൊണ്ട് മോക്ഷം ആത്മാവിനുള്ള പ്രാധാന്യം ആത്മാവിന്റെ ജ്ഞാനത്തിനുള്ള പ്രാധാന്യം അതുകൊണ്ട് എല്ലാവരും അവിടുത്തെ അവിടെ പറയുന്ന ജ്ഞാനവും ഞാദ് വൈദികളും പറയുന്ന ആത്മയാളങ്ങൾ തന്നെയാണ് ആത്മാവിനുള്ള പ്രാധാന്യം ആത്മാവിനെ പിടിക്കാൻ വേണ്ടി നടന്നത് പിടികിട്ടുന്ന സാധനം പിടിച്ചെടുക്കാൻ പറ്റിയ കാര്യം സാധിക്കാൻ പറ്റുന്ന എന്താണ് ആത്മജ്ഞാനമാണ് അത് ഏതായാലും മോശപ്പെട്ടു എന്നാണ് പറയുന്നത് പരസ്പരം അവർ അംഗീകരിക്കുന്നില്ലെന്നേ പക്ഷെ എല്ലാവരും അവകാശപ്പെടുന്ന ജ്ഞാനമാണ് ഇവിടെ അദ്ദേഹജ്ഞാനത്തെ കുറിച്ച് പറയുന്നു ഇവിടെ പുരുഷനെന്ത് ചെയ്യണം യാവജ്ജീവം മരണം വരെ ആത്മാവിനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടെങ്കിൽ എന്നിട്ട് അറിയണം സ്വാൻഭൂത ശാസ്ത്ര ഗുരുവവാക്യത അഭ്യാസേനേനാത്മാതേന അവലകത്തെ എസ് നാമോ അഭ്യാസം കൊണ്ട് സ്വാൻ ഉദ്ദേശിച്ച തൻ്റെ അനുഭൂതിയുടെയും തൻ്റെ അനുഭവത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഗുരുവിൻ്റെയും ഏകവാക്യത ഏകതൽപ്പി ഗുരു പറയുന്നതിന്റെ താല്പര്യം എന്താണ് അതാണ് ശാസ്ത്രത്തിന്റെ താല്പര്യം ശാസ്ത്രത്തിന്റെ താല്പര്യം എന്താണ് അതാണ് എന്റെ അനുഭവം ഏകവാക്യത ഏക താല്പര്യം ഏകവാക്യതാന്ന് മീമാംസാസ്ത്രയുക്തിയാണ് ഒടീതന്നെയാ പറയുന്നത് എല്ലാത്തിന്റെയും താല്പര്യം ഒന്നാണെന്നറിയും ശാസ്ത്രത്തിൽ നിന്ന് എന്താണോ മനസ്സിലാക്കിയത് അത് ഗുരു പറയുന്നത് രണ്ടും തമ്മിലും പൊരുത്തപ്പെടുന്നത് പഴർക്കൊരു ഗുരു പറയുന്നത് മാത്രമാണ് കഴമ്പുള്ളത് ശാസ്ത്രം എന്ന് പറയുന്ന വേറെന്തോ അത് കുറഞ്ഞ സാധനമാണ് പിന്നെ ഇത് രണ്ടുമല്ല എന്റെ അനുഭൂതി എന്റെ അനുഭവം അതാണ് ഏറ്റവും മികച്ചത് നിനക്ക് ഈ അന്ദ്വീത ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് പ്രചരിച്ചിരിക്കുന്ന ഒരുപാട് കാരണം ഇനി പലയിടത്തും പറയുന്നുണ്ട് അത് അങ്ങനെയല്ല ഇപ്പോ ശാസ്ത്രത്തോടും ഗുരുവിന്റെ ഉപദേശത്തോടും യോജിക്കാക്കാനും അവധിയാണെങ്കിൽ അനുഭൂതി തെറ്റാണ് ശാസ്ത്രത്തോട് സ്വാനുഭവത്തോടും യോജിക്കാത്ത ഗുരുവിൻ്റെ ഉപദേശമാണെങ്കിൽ ആ ഉപദേശിക്കുന്ന ആൾ ഗുരുവൻ അതാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ശാസ്ത്ര താല്പര്യത്തോടും സ്വാനുഭവത്തോടും അത് യോജിക്കുന്നില്ല അത് ഗുരുവാക്യം നൽകാം മറ്റേ ഉപദേശം ഗുരുവിന്റെ ഉപദേശം ഇനി ഗുരുവിന്റെ ഉപദേശം ശരിയാണ് എന്റെ അനുഭവമാണ് യോജിച്ചു പോകുന്നത് ശാസ്ത്രം പറയുന്നതല്ലാന്ന് ചോദിക്കും ശാസ്ത്രം വേറെയാണ് പറയുന്നത് ഏത് ശാസ്ത്രമാണ് മൂന്ന് ഒത്തു വരണം മൂന്നിനും ഒരേ കാര്യം തന്നെ മനസ്സിലാവും ഒന്നും മനസ്സിലായ മൂന്നും മനസ്സിലായി പിന്നെ മൂന്ന് എന്തിനാണെന്ന് ചോദ്യം കാരണം ഒന്ന് തന്നെയാണ് കാരണം പലപ്പോഴും നമ്മൾ പറയുന്നവരാണ് ഗുരുവിന്റെ ഉപദേശം തന്നെയാണ് ശാസ്ത്രം ഗുരുവിന്റെ ഉപദേശം അല്ലാതെ ഒരു ശാസ്ത്രം ഇന്ന് ഗുരു ഉപദേശിക്കുന്നു അത് ഗുരു ഉപദേശിച്ചിട്ട് ആരെങ്കിലും അത് ആവർത്തിച്ചാൽ റിപ്പീറ്റ് ചെയ്താൽ നമ്മളതിന് ശാസ്ത്രം നോക്കി എഴുതുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പറയാം അതാണ് ശാസ്ത്രം ശങ്കരാചാര്യ ഉപദേശിച്ചിട്ട് ശിഷ്യന്മാരെ സംബന്ധിച്ച് അത് ഗുരു ഉപദേശമാണ് നമ്മളിന്ന് എന്തെയ്യുന്നു പഠിക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ശാസ്ത്രമാണ് ഇന്നലെന്താ വ്യത്യാസം ഇനി ശങ്കരാചാര്യന്താ പറയുന്നത് സർവലോക അനുഭവസിദ്ധമായി അറിവിനൂച്ച പറയും അനുഭവസിദ്ധമായ അറിവിനൂച്ച പറയും അനുഭവ സാനത്വ ഏതെല്ലാം ശാസ്ത്രങ്ങളിൽ പോയി തിരഞ്ഞാലും ഏതെല്ലാം ഗുരുക്കന്മാരുടെ അടുത്ത് പോയാലും അവസാനം എവിടെ വരുന്നു സ്വാനുഭവത്തിൽ തന്നത് അനുഭവത്തിൽ അവസാനിക്കുന്ന ഓരോ മനുഷ്യനും അനുഭവം ഉള്ളവരുമാണ് അനുഭവം ഇല്ലാത്ത മനുഷ്യനും പക്ഷെ എന്താണ് ആ അനുഭവം അത് തന്നെയാണ് ശാസ്ത്രജ്ഞ പറയുന്നത് അത് തന്നെയാണ് ഗുരു പറയുന്നത് ഇത് തമ്മിൽ വ്യത്യാസം കാണാൻ പാടില്ല മാത്രം ആത്മാവിനെക്കുറിച്ച് ഉപദേശിക്കുന്ന ഏത് സമ്പ്രദായമായാലും ശരി കണാകന്റെ സമ്പ്രദായാലും കപിലന്റെ ആയാലും ശരി ഗൗതമന്റെ ആയാലും ശരി അവരെല്ലാരും പറയുന്നത് ശാസ്ത്രവും ഗുരുവും അനുഭവവും ഒന്ന് തന്നെയാണ് വ്യത്യാസം പൊരുത്തക്കേട് കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നതിന് വരുന്ന പൊരുത്തക്കേടാണ് പറയുന്നത് സ്വാനുഭൂ ഗ്രോകവാക്യത ആർക്കാണോ എങ്ങനെ അഭ്യാസം നിരന്തരമായ അഭ്യാസങ്ങളാണ് ഇങ്ങനെ ഒരു താല്പര്യത്തിലുള്ള ഒരാള് എത്തിച്ചേരുന്നത് ഇങ്ങനെ അയാള് ഗ്രഹിക്കുന്ന താല്പര്യം ആ താല്പര്യത്തിലാണ് ശബ്ദത്തിന്റെ ലക്ഷ്യാർത്ഥം ഒന്നും മറ്റും പറയാം ലക്ഷ്യം തുടരുമ്പോൾ എല്ലാം ഒരു ലക്ഷ്യത്തിലേക്കാണ് അനുഭവം വരെ ചൂണ്ടുന്നവരിടത്തേക്ക് ശാസ്ത്രവും മേൽ ചൂണ്ടുന്നവരിടത്ത് ഗുരു ചൂണ്ടിക്കാണിക്കുന്നിടത്തും ഒരിടും അതുകൊണ്ട് തന്നെ ലക്ഷ്യവും തുടങ്ങി അങ്ങനെ പറയാൻ കാരണം ഈ പറയുന്ന തത്വത്ത് അറിവിന് വിഷയമാക്കാൻ പറ്റില്ല അതുകൊണ്ട് താല്പര്യം ലക്ഷ്യം എന്നൊക്കെ പറയും അതൊന്നാണെന്നാണ് പറയുന്നത് ഒന്നാണെന്നുള്ള അറിവ് എസ് സി അഭ്യാസ അല്ലെങ്കിൽ ഏതൊരുവനാണോ അഭ്യാസം കൊണ്ടിങ്ങനെ ഒന്ന് ഒന്നാക്കുന്നത് തേന ആത്മാന്തതേന നിരന്തരം അവലോകിയതേ അതിന് സന്തതേന അഭ്യാസം അങ്ങനെ മനസ്സിലാക്കി നിരന്തരഭ്യാസ തേനോ ആത്മാവനോ ഇതേ അങ്ങനെ രണ്ടരത്തി ഒല്പിയോ പോഷ നിയമങ്ങൾ തടസ്സം വയ്ക്കുന്നതിന് നിരന്തരമായി ആത്മാവ് എങ്ങനെ ആയിക്കൊള്ളട്ടെ അതിനെക്കുറിച്ച് വേഗതപ്പെടേണ്ട കാര്യമില്ല ആത്മബോധം കറക്റ്റായി എന്തായാലും നമുക്ക് എല്ലാവരെയും ഋഷിമാരെന്ന് വിളിക്കാൻ പറ്റും സന്തതേ നവരോക്കിയതേ നിരന്തരം അവനാത്മ അവലോകനം ആത്മജ്ഞാനം സംഭവിക്കുന്നു നടത്തി അവഹേളിത ശാസ്ത്രാർത്ഥ അവജ്ഞാത മഹാജനേ അഷ്ടാമം വ്യാപകം പ്രാപ്തവും നമ്മൂഢേ ഹി സമതാണ് അവഹേളി ശാസ്ത്രീ ശിക്കുന്നവർ ശാസ്ത്ര താല്പര്യ താൽപര്യത്തിൽ എത്തിച്ചേരും അതിനെ അവഹേളിക്കുന്നവർ നിന്ദിക്കുന്നവർ പരിഹസിക്കുന്നവർ അപജ്ഞാന മഹാജനേഹി മഹാജനന്മാർ തള്ളിക്കളയപ്പം മഹാജനന്മാരെ പറയുമ്പോൾ ആത്മബോധമാണ് അദ്വൈതപക്ഷത്തു നിന്നും ചിന്തിക്കുന്നത് ശരിയായ അദ്വൈതജ്ഞാന മഹാജനം ആട്ടപക്ഷത്തുനിന്ന് ചിന്തിക്കാൻ കൂടെ ഇപ്പൊ അദ്വൈതപക്ഷത്തുനിന്ന് ചിന്തിച്ചു മഹാജനങ്ങൾ തള്ളിക്കളഞ്ഞവർ ഉപേക്ഷിച്ചവർ ശാസ്ത്ര താൽപ്പര്യത്തെ ലഭിക്കുന്നവർ അവരെല്ലാം കഷ്ട ആപദം പ്രാപ്ത അവരുടെ കഷ്ടമായ ആപത്തിനെ അവർ പ്രാപിച്ചിരിക്കുന്നു എന്തുകൊണ്ട് സമതാമൂഠന്മാര് ഒരിക്കലും ഇവിടെ പറയുന്ന സമത്വത്തെ പ്രാപിക്കുന്നില്ല സമം സർവേഷും ഭൂതേഷും എന്നെല്ലാം പറയുന്ന അറിവുള്ളവരായി മാറുന്നു അങ്ങനെയുള്ളവർ അറിവുണ്ടായിട്ട് അവരുടെ മനസ്സ് സമത്വത്തെ പ്രാപിക്കുന്നില്ല മനസ്സിന്റെ സമത്വത്തിന് വേണ്ടിയിട്ടാണ് അത് മനസ്സിന്റെ ഒരു സമത്വത്തെ നിലനിൽക്കാൻ വേണ്ടി അപ്പൊ അതിന് ഇവിടെ നിർദ്ദേശിക്കുന്ന വഴി ആത്മജ്ഞാനം ന വ്യാഖർ ന വിഷം നാപത് അഥവാ നാദിശ്ചൂതലെ ഏതാണ് സ്വശരീരം ഏകം യഥാ യഥാ നിർണാമോ മനുഷ്യാരണം വ്യാധി വിഷം ആപത്ത് ആദിശോതലേ ചെയ്തായ ഭൂതി മോഖ്യം ഹേതായ നനുഷ്യർക്ക് എങ്ങനെയാണോ ഈ ലോകത്ത് പൂതനത്തിൽ നികത്ത് മനുഷ്യർക്ക് സ്വശരീരസ്ഥം തന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യാധികൾ ലോകം അത് ഖ്യതായ ഭ കഷ്ടത്തെ ഉണ്ടാകും ദുഃഖത്തെ ഉണ്ടാകും അപ്രയാസങ്ങളെ ഉണ്ടാകും രോഗങ്ങൾ മനുഷ്യന് യജ്ജീവം മനുഷ്യന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു വിഷം വിഷമൻ പഴയ കാലത്ത് മനുഷ്യർ വളരെ ഭയപ്പെട്ടു തന്നെയാണ് കാട്ടലല്ലേ കാര്യങ്ങൾ വിഷത്തെ പ്രത്യേകിച്ച് പാർന്നിട്ട് കടിച്ചു കഴിഞ്ഞ ഒരു രക്ഷയും വിഷമമുള്ള എന്നാണ് കടിക്കുന്നതിച്ചവും വിഷത്തെ ഭയങ്കരമായി ഭയന്നില്ല രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഞാൻ എനിക്ക് വലിയ കഷ്ടമാണ് കാര്യം മനുഷ്യൻ എത്രമാത്രം വിഷത്ത് ഭയം എന്നുള്ള എന്റെ തെളിവാണ് മനുഷ്യന് സർപ്പത്തെ ദൈവമായി ആരാധിക്കാൻ അല്ലാണ്ട് ഈ വിഷഭയമാണ് മനുഷ്യൻ ലോകത്ത് ആദ്യവും മനുഷ്യൻ നമ്മുടെ പൂർവിക ആദിവാസി അവരെന്തിനെയെല്ലാം ഭയന്നോ അതിനെല്ലാം ആരാധിച്ചു അതെല്ലാം അവർക്ക് ദൈവങ്ങളായി എന്തുകൊണ്ടാണ് ആരാധിച്ചത് അതിനെയൊക്കെ കീഴ്പ്പെടുത്താൻ അതിനെ അതിജീവിക്കാൻ അന്ന് അവർക്ക് വലിയ ബുദ്ധിയൊന്നും ഉണ്ടായിട്ട് ലോകത്തിൽ എല്ലാ സംസ്കാരങ്ങളിലും മനുഷ്യൻ പ്രകൃതി ആരാധിക്കും അവനെ ഭയപ്പെടിച്ച എല്ലാത്തിനെയും ബഹുദൈവ ആരാധന ആദ്യം പലതരത്തിൽ നിന്ന് കഷ്ടപ്പാട് മനുഷ്യൻ നേരിടേണ്ടി വരുന്ന പല കഷ്ടപ്പാടുകളും ഇതെല്ലാം പ്രധാന ഏതായ അത്രയും എന്താണോ ദുഃഖത്തെ ഉണ്ടാകുന്നില്ല യഥാ ഏതാണോ ഏകം മൗർഖം മൗർഖ്യം എന്ന് പറയുന്ന ഒന്നെയും മൂർഖത അറിവില്ലായ്മ ഇതൊരു സാമാന്യമായി പറയുന്നുണ്ട് എന്നെ അത് അടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അത് വിശേഷമായി ആത്മജ്ഞാനത്തിനും ഉണ്ടാകും ഞാൻ പറയുന്നു മൂർഖത അറിവില്ലായ്മ പറയുന്നത് എത്രമാത്രം മനുഷ്യനും ദുഃഖത്തെ ഉണ്ടാക്കുന്നു അത്രമാത്രം ദുഃഖത്തെ ഈ പറയുക ഒന്നും ഉണ്ടാക്കില്ല രോഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ സത്യമാണ് മൂർഖതെന്ന് പറഞ്ഞാൽ അറിവില്ല അതറിവില്ല എന്ന് പറയുമ്പോൾ കേവലം ആത്മജ്ഞാനം എന്ന് മാത്രമല്ല അത് പറയാത്തുള്ളൂ മനുഷ്യന്റെ ആ ഇതെല്ലാം മനുഷ്യനെ ദുഃഖിപ്പിച്ചപ്പോൾ എന്താണ് വ്യാധികളെ ദുഃഖിപ്പിച്ച് അപ്പോൾ വ്യാധിയിൽ ഉള്ള ആ പരിഹാരം ആ ദുഃഖത്തെ മാറ്റുന്നതിന് അങ്ങനെയുള്ള അതിനറിവ് വേണം എന്താണ് ശരീരത്തെ കുറിച്ച് അറിവ് വേണം രോഗത്തെക്കുറിച്ച് അറിവ് വേണം അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചുള്ള അറിവ് വേണം ഈ അറിവുണ്ടായിക്കഴിഞ്ഞാൽ അതിനറിവുണ്ട് തന്നെ അതിന് ഏറെക്കുറെ പരിഹരിക്കണം പൂർണ്ണമായ പരിഹാരമൊന്നും ഇല്ല എന്നാൽ ഇന്നത്തെ പക്ഷെ പറഞ്ഞാൽ അതിനൊക്കെ മാനേജ് ചെയ്യും അവിടെ അതിനെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ് മുഖ്യം അതുപോലെ തന്നെ വിഷം വിഷത്തിന് എന്തുകൊണ്ട് വിഷം ഉണ്ടായി എന്താണ് അതിന്റെ പ്രത്യേകിച്ച് ഇതേ ശരിയായ അറിവ് അതിനെ സംബന്ധിച്ചുണ്ടായിക്കഴിഞ്ഞാൽ ആ അറിവ് അതിന് പ്രായോഗികമായി പോലും ഉപയോഗിക്കാൻ കഴിയാ വിഷത്തിൽ നിന്നുള്ള ദുഃഖത്തെ അവനൊഴിവാക ഒരു കാരണം വരെ പേപ്പട്ടി എല്ലാവരും മരിക്കും ലോകത്തെന്താണ് ബാധിക്കപ്പെട്ടില്ല എന്നൊണ്ട് മനുഷ്യൻ അറിവില്ല മരുന്ന് കണ്ടുപിടിച്ചു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ മനുഷ്യൻ രക്ഷപ്പെടാൻ പിന്നെ ആ മരുന്ന് മരുന്ന് രീതിയിൽ സൂക്ഷിക്കാനും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനും ശരിയായ രീതിയിൽ അത് നിർമ്മിക്കാനും കഴിയില്ലെങ്കിൽ വീണ്ടും പട്ടികടിച്ച ആൾക്കാരൊന്നും ഇല്ല കാരണം അതുകൊണ്ട് ശരിയായി ഉണ്ടാക്കാനില്ല ശരിയായി സൂക്ഷിക്കുന്നു ശരിയായി പ്രയോഗിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒന്നും വീണ്ടും അപ്പോൾ മുഖ്യം എന്താണോ അറിവുമായിട്ട് പറയുമോ അതാണ് ഇപ്പൊ പട്ടികടിച്ചു ആൾക്കാരൊക്കെ മരിക്കുന്നതിന് കാരണം പറയും ശരിയായ സൂക്ഷിക്കുന്നുണ്ട് എന്റെ ട്രാൻസ്പോർട്ടേഷൻ ശരിയല്ല കാരണമാണ് വ്യാജ മരുന്നുകളും കാണും മനുഷ്യൻ ദുരാഗ്രഹികൾ അതിനും കൃത്യമോ കാണിച്ച് പൈസ ഉണ്ടാകും മരുന്ന് കമ്പനികൾ വ്യാജ കമ്പനികളും വ്യാജ മരുന്നുകളായി പണത്തിലൂടുള്ള ആൾക്കാരുള്ള മനുഷ്യ പക്ഷെ അറിവും അറിവ് മാത്രം പോലെ ഉണ്ടായിട്ടുണ്ട് അറിവും അറിവിനുസരിച്ചുള്ള പ്രയോഗം അനുഷ്ഠാനം പ്രവൃത്തി രണ്ടും കൂടെ വേണം അവിടെ പറയുന്നു അതുപോലെ തന്നെ മറ്റ് ലോകത്തിൽ പ്രകൃതി ശക്തികൾ അതിൽ നിന്നുള്ള എന്താണ് ഈ ലോകം തന്നെ നശിക്കുന്ന പ്രളയം കൊണ്ടെന്നാണ് പഴയ മനുഷ്യൻ ധരിച്ചത് എന്തുകൊണ്ട് പുതിയ മഴ വരുമ്പോ നദികളും കരയും വ്യത്യാസമില്ല വെള്ളം ഒഴുകി വരിക അങ്ങനെ വെള്ളം ഒഴുകി വരുമ്പോൾ മനുഷ്യൻ രക്ഷപ്പെടാൻ അവർ ഒഴുകില്ല കുറെ പേര് മരിക്കുന്നു അപ്പൊ അവർ വിചാരിച്ചെന്താണ് പ്രളയം ഇങ്ങനെ ഒരു പ്രളയത്തിലായിരിക്കും അവസാനം അങ്ങനെ പ്രളയമൊന്നുള്ള ആവശ്യം മനുഷ്യൻ നദികളിലൊക്കെ ഡാം കിട്ടാൻ തുടങ്ങി പ്രളയത്തെ നിയന്ത്രിക്കാൻ പറ്റും ഇല്ലാതാക്കുകയില്ല പിന്നെ നദികളെ ആരാധിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അപ്പം നദികളിൽ പ്രളയം ഉണ്ടായാൽ മനുഷ്യൻ തരും അപ്പൊ പിന്നെ പ്രളയം ഉണ്ടാകുന്ന നദിയുടെ കോപ്പം ഒന്നാണ് പാവ മനുഷ്യൻ ധരിച്ചത് പതിനം പൂജിക്കാൻ തുടങ്ങി കോപിക്കാതി ഗംഗയുടെ പ്രളയമൊക്കെ ഒന്നും പോയി കാണണം അടുത്ത മറുതര അപ്പോൾ ജനങ്ങൾ ഭയക്കുന്നേരെ യാതൊരു പഴയകാല ആരാധിക്കുന്നതിന് ഒരു തെറ്റും പിന്നെ അത് ഉണങ്ങാതിരിക്കുമ്പോൾ അത് ഒരുപാട് ഉപയോഗമാണ് മനുഷ്യനത് അനുഗ്രഹിക്കുന്നു കൃഷിക്കും ഇങ്ങനെയുള്ള പ്രകൃതി ശക്തികളെ പഴയകാലത്ത് ഇടിമിന്നൽ ഉള്ളതിൽ ഇന്നിപ്പോ വൈദ്യുത ചാലകങ്ങളെല്ലാം കണ്ടുപിടിച്ച് വീടുകളുടെ വേണ്ട വെച്ചപ്പോ വീട്ടിന്റെ വീണ്ടും എന്തായാലും വീട്ടില്ല പിന്നെ ഇടിമിന്നെ ആരാധന ബോധമുള്ളവർ ചെയ്തിട്ടുണ്ട് ബോധമില്ലാത്തവരുത്തോ അവരാരാധിക്കും അവർക്കിന്നും ഭയമാണ് െങ്കിലും ഇടിമിന്നലുണ്ടാവുന്ന ആരാളാണ് ഇന്ദ്രന്റെ ചന്ദ്രഭാസ ഇളക്കുന്നതാണ് ഇടിമിന്നൽ തന്നെ ഇങ്ങനെയുള്ളത് മനുഷ്യൻ പ്രകൃതി ശക്തികൾ ആരാധിക്കാം പ്രകൃതി ആരാധിക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം പ്രകൃതിയല്ലേ നമ്മളെ സംരക്ഷിക്കും പ്രകൃതി ആരാധിക്കുന്നത് പക്ഷെ ആരാധനയുടെ പിന്നീട് അന്ധത പാടില്ല പ്രകൃതിയെക്കുറിച്ചുള്ള ശരിയായ അറിവുണ്ടായിക്കഴിഞ്ഞാലും നോക്ക് പ്രകൃതിയെ ആരാധിക്കും കാരണം പ്രകൃതിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് പ്രകൃതിയോട് ആരാധന എന്ന് പറയുന്നത് ആരാധനാ മനോഭാവമാണ് അതിനെ നശിപ്പിക്കാൻ പാടില്ല അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള സദ്വിര എന്നാണ് ആരാധന അത്തരത്തിലുള്ള ആരാധനങ്ങളുണ്ട് പ്രകൃതിയോട് അല്ലാതെ നദിയുടെ മുമ്പ് ചെന്ന് വന്നാണ് കൃഷി ചെയ്തിട്ട് കരുതുക ഞാൻ കുറേ കാലം അവിടെ ജീവിച്ചതാണ് അവരെല്ലാവരും ഗംഗയെ ആരാധിക്കുന്നവരാണ് എല്ലാം വിഷയം രാവിലെ വന്നു കഴിഞ്ഞാൽ ഗംഗയുടെ മുമ്പ് ഒന്നിനൊരു വിളക്ക് കൊളുത്തി അതിൻ്റെ ഒന്നിലിങ്ങനെ കാണിക്കും ദീപാരാധന ഉറക്കമെല്ലാം അളിക്കുമ്പോൾ വിളക്കും കൊണ്ട് അവർ വീട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും ആ കീം കൊണ്ട് കളയുന്നു ഇതേ മനുഷ്യർ ചത്ത മൃഗങ്ങളെപ്പോൾ ചത്ത മനുഷ്യനൊപ്പം ഒരു ഭാഗത്ത് വിളക്ക് കൊളുത്തി ആരാധിക്കുന്നു വേറൊരു ഭാഗത്ത് മാലിന്യം കൊണ്ട് അതിനൊന്നറിയുന്നു അങ്ങേറ്റം മലിനമായി ഹിമാലയത്തിൽ മുഴുവനുണ്ട് ഗംഗതി ഇവിടെ മുഴുവനുണ്ട് ഗംഗാ മാലിന്യ വർദ്ധതി എത്ര ബോഡിങ്ങൾക്ക് രൂപയുടെ ചിലവാ ഒരു പ്രയോജനമില്ല എന്തുകൊണ്ട് അവർ നിരന്തരം മാലിന്യം വേണ്ടി മരിച്ചിറക്കുന്നത് കാശീരി ഋഷികേശ്വരി ഹരിദ്വാരെയും ഗംഗാതീരങ്ങളിലെ ആശ്രമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക എല്ലാ ആശ്രമങ്ങളുടെയും മാലിന്യങ്ങൾ വിട്ടിരിക്കുന്നത് ഗംഗയിലേക്കാണ് ഇവിടെ എല്ലാ സ്ഥിരം പരിപാടികൾ പോയി കഴിഞ്ഞാലും ഈ ആരതി കൊണ്ട് ഈ ആരാധന കൊണ്ട് എന്താ പറയുക ബോധമില്ല ആത്മീയ വിവരത്തിൽ അങ്ങനെയാണോ നദി ആരാധിക്കുന്നത് ഈ ഇവിടെ കൊളത്തിൽ കാണിക്കേണ്ട ആവശ്യമൊന്നും ഈ മാലിന്യം അവിടെ ഇടാതിരുന്നതിൻ്റെ ഏറ്റവും വലിയ ആരാധന ഇപ്പോ ഗവണ്മെന്റ് ഇപ്പോ വളരെ വളരെ ഏരിയ കുറെയൊക്കെ മാറ്റം വരുന്നു ഇത്രയും കാലം അങ്ങനെ അതുകൊണ്ട് പ്രകൃതി ആരാധിക്കുക എന്ന് അവിടെ ഈ ജീവാരാധന കാണിക്കുന്ന ശുദ്ധ വിവരക്കേടും ിലൊക്കെ നോക്കിയാൽ വളരെ ഗംഭീരമായിട്ട് ഗംഗയുടെ തീരെ താരതം കാണിക്കണം അതിൻ്റെ വീണ്ടും തഴിയുന്നു എന്തുമാത്രം മാലിന്യങ്ങളാണ് ഇപ്പോഴും എല്ലാ ഓടകളും ഗംഗയിലേക്ക് വന്നത് എല്ലാ മാലിന്യങ്ങളും ഗംഗയുടെ സൈഡിലാണ് കൊണ്ടാണ് അതിനെ കുറിച്ച് അവർക്ക് യാതൊരു ബോധവും ബോധയുടെ ബോധമുണ്ട് അനുഭവം ചെയ്യുന്നേ അവർക്ക് വിങ്ക ആരാധിച്ച രംഗ മോക്ഷം കൊടുക്കുന്നു അതെല്ലാം പ്രകൃതി ആരാധിക്കേണ്ട ഈ പ്രായം ചെയ്യുന്ന സർവ്വ ആൾക്കാർ മാലിന്യങ്ങൾ കൊണ്ട് ഇതിനകത്താവും എന്നും കാണുന്നതാണ് വീട്ടിൽ നിന്നും പൊതി പ്രകൃതിയെ ദൈവമൊന്നും മാതാവ് ഒന്നും മണ്ണുകട്ട എന്നൊക്കെ പറയുന്ന എന്തൊക്കെ ഇതാണ് ചെയ്യുന്നത് ബോധമില്ല മനുഷ്യൻ അവിടെ മനുഷ്യന് ഗുഡേകൊപ്പിന്റെ സൈറ്റ് അവിടെ മനുഷ്യർ ഈ കക്കോസ് പണിഞ്ഞിരിക്കുന്നത് കായലിലേക്കാണ് രണ്ടുമൂന്ന് കമ്പുകൾ കിട്ടി അങ്ങോട്ട് വെച്ചിട്ട് രാവിലെ സർക്കസുക അവിടെ പോയി ഇത്ര ബോധമില്ലാത്ത മനുഷ്യർ ഇന്നിപ്പോ അത് ഉണ്ടോ എന്ന് എനിക്കറിയാം ഗവൺമെന്റിപ്പോ ഇവരൊക്കെ ഇതിൽ ആരാധിക്കുകയും ചെയ്യുന്നത് അപ്പോ എന്താണ് ബോധം കാരണം പറഞ്ഞു വരുന്നത് അതാണ് അറിവാണ് വേണ്ടത് അറിവ് ശരിയായി വന്നു കഴിഞ്ഞാൽ ആരാധന എന്ന് പറയുന്നത് മാറുന്നുണ്ട് മൂഢമായ ആരാധനകളുണ്ടെന്ന് മനുഷ്യന് ജാഗ്രത ശരിയായ അറിവ് വരുമ്പോൾ ആരാധനയുടെ സ്വഭാവമാണ് മാറി മാത്രം പോരാകും ഞാൻ മാത്രം പോരാ നമ്മുടെ ആ ജന്മത്തിലും നമ്മൾ പ്രവർത്തിക്കും നമ്മുടെ പ്രവൃത്തിയിലോ കാണിക്കുന്നു ഞാനീ രാവിലെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താണ് ഒഴിഞ്ഞ സ്ഥലങ്ങൾ റോഡ് സൈഡിലെല്ലാം വീട്ടിലെ മാലിന്യങ്ങളെല്ലാം ഒന്ന് റോഡ് സൈഡിൽ ഇട്ടിട്ടൊന്ന് പോവുകയാണ് മനുഷ്യർ അതിൽ വിശ്വാസികളും വിശ്വാസമില്ലാത്തവെല്ലാം കണ്ടാണ് അവരെ ആരാധനിക്കുന്ന ഒരു കുറവും കാണുന്നത് അപ്പൊ അറിവും ഒരു പ്രധാനമായും ഇനി ഈ ആത്മബോധം അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല ആത്മബോധം ചില വ്യക്തികൾക്ക് സന്തോഷവും കൊടുക്കുന്നതിന് അപ്പോ അറിവെന്ന് പറയുമ്പോൾ അത് മാത്രമാണ് നല്ലത് തന്നെ അമ്മ തോന്നും പക്ഷെ അറിവെന്ന് പറയുന്ന അതിൽ ഒതുങ്ങുന്ന ഒന്നല്ല അതിനെക്കാളും വ്യാപ്തിയുള്ള എങ്ങനെ ജീവിക്കണം സമൂഹത്തോടെ എങ്ങനെ ഇടപെടണം സമൂഹത്തിൽ എങ്ങനെ ഇതെല്ലാ ഇതിനും വേണ്ടിയുള്ള അറിവും ആ പ്രവൃത്തിയും അതുകൊണ്ട് ചേർന്നേ ശരിയാവും അറിവെന്ന് പറയും അല്ലാതെ കേവല ആത്മബോധം എന്ന് പറയുന്നത് ഈ ലോകത്ത് ജീവിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എല്ലാ അറിവും നേടി ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതും സാധിക്കും ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വരാൻ കാര്യം പക്ഷെ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അറിവിനനുസരിച്ച് ആചരിക്കുക എന്ന് പറയും അത് ഭൗതികമായ തലത്തിൽ മാത്രമല്ല ആധ്യാത്മിക തലത്തിൽ ഈ ആത്മീയമായി അറിയപ്പെട്ടിട്ടുള്ളവരെല്ലാം തന്നെ അനുശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ അറിവും ആചരണവും ഒത്തുപോയപ്പോഴാണ് അവർ ആത്മീയമായും ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ആരായാലും ശരി രമണ മഹർഷിയായാലും ശരി രാമകൃഷ്ണലീകനായാലും ശരി അവരുടെ അറിവും അവരുടെ ആചരണവും ഒത്തു വന്നപ്പോഴാണ് സമൂഹത്തിനകത്ത് ഗുണപ്പെട്ടത് അവർക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവരുടെ അതിലൊരു വലിയ പങ്ക് വഹിച്ചത് അവരുടെ സാമൂഹ്യ അവബോധമാണ് എന്നുവെച്ചാൽ സമൂഹത്തിന് മൊത്തം ഉപകരിക്കാതി രീതിയിൽ അത് മാറിയിട്ടുണ്ട് കേവലം ആത്മബോധം മാത്രമാണ് അതുകൊണ്ടാണ് പലപ്പോഴും അവരെന്ത് നിന്നും മാറി സൂചനവരാണ് ആത്മാബോധം ഉണ്ടെങ്കിൽ അവരെല്ലാം മനുഷ്യരോട് ഭേദബുദ്ധിയില്ലാതെ ഇടപെട്ടവരാണ് അപ്പൊ അവരുടെ അറിവെന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉപകര ഉപകരിക്കട്ടെ എന്ന് കരുതുന്നു നമ്മൾ ഏത് ആചാര്യന്മാരെ എടുത്തു ഭേദബുദ്ധിയില്ലാതെ പെരുമാറണമെന്ന് പറയുന്നത് ആത്മബോധമല്ല സാമൂഹ്യബോധം അവരൊരിക്കലും സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിച്ചിട്ടില്ല അവന്റെ അറിവ് സമൂഹത്തെ ഒരുമിപ്പിച്ചിട്ട് പ്രത്യേകിച്ചും ആത്മീയന്മാരായ ആത്മീയ ഗുരുക്കന്മാരെല്ലാം തന്നെ അത് കേവലം ആത്മബോധത്തിൽ മാത്രം നിൽക്കുന്നതല്ല മറ്റ് അറിവിന് പലതരങ്ങളും ഉണ്ട് റിവിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അതെല്ലാം പറയുന്ന അറിവ് ഇന്ന് അറിവിന് വേഖാനിക്കുന്നു ഇന്ന് നോളജ് സയൻസ് എന്ന് പറയുന്ന സയൻസ് തന്നെയാണ് അറിവിനെ കുറിച്ചുള്ള വിശാലമായ പഠനം നമ്മള് സാങ്കേതികമായി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും എന്താണ് നമുക്കതറിയാം മറ്റുള്ള ആറുകളും പേരുകളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്നേരും എ പോസ്തിയോറി നോളജ് എന്ന് പറഞ്ഞാൽ വാഗ്യങ്ങൾ ആദ്യങ്ങളൊന്നും നേരിട്ടു ഫിലോസിഡ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം അത് എന്താണ് അറിവ് എന്ന് പറയുന്നത് കോമലായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല ലേണിംഗ് അല്ല അതല്ല പാഠശാലകളിൽ നിന്ന് പഠിക്കുന്ന അറിവല്ല അത് രണ്ട് തരത്തിലാണ് ഒന്ന് ഒബ്സർവേഷൻ നമ്മൾ ലോകത്തെ അറിയുന്നു എന്ന് പറയുന്നത് ലോകത്തെ നിരീക്ഷിക്കുന്നു എന്ന് പറയുന്നത് രണ്ടാണ് ലോകത്തെ നമ്മൾ അറിഞ്ഞു പോയി കഴിഞ്ഞാൽ ആൾക്കും നമ്മൾ എന്തെങ്കിലും മാറ്റം ലോകത്ത് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിരീക്ഷണം നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അത്തരം അറുപത് ഇപ്പൊ അമ്മയെപ്പോലും അവരുടെയൊക്കെ ഈ സെൽഫിന്റെ ആഡിയെന്ന് പറയുന്ന അങ്ങനെയാണ് എന്താണ് ഒബ്സർവ് ചെയ്യുക ലോകത്തെ നിരീക്ഷിക്കും നിരീക്ഷണത്തിൽ നിന്ന് അനുഭവങ്ങൾ അനുഭവങ്ങളെ തുടർന്ന് നിരീക്ഷിക്കും ഇത് രണ്ടും ഇങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ചു നോക്കും ഇത് രണ്ട് ഇൻഫോർമൽ ലേണിംഗ് നമ്മൾ സ്കൂളിൽ പോയിരുന്ന സിലബസ് അനുസരിച്ച് പഠിക്കുന്നത് അപ്പോ അവരെ എന്താണ് അവർക്കാണ് ശരിക്കും ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന വർക്ക് ചെയ്യുന്നത് കേരളം കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ് ശരിക്കും എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് അവിടെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് ആത്മാവോധം എന്ന് പഠിച്ചിട്ട് ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഇതുകൊണ്ടാകുന്ന അവിടെ വളരെ വ്യാപകമായ വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ കഴിയണം അത് മറ്റേതെങ്കിലും ഒരുപോലെ ഏത് ഏത് ഫീൽഡ് ലാൻസിൽ നല്ല ലൈന കായംകുളം കൊച്ചുണ്ണി ആയാലും ശരി കായംകുളം കൊച്ചുണ്ണി അറിയുന്നതെന്ന് കൊണ്ടാണ് ഒരു സംശയം വേണ്ട അതിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അതുകൊണ്ട് തന്നെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് സ്മരിക്കുന്നു പക്ഷെ പണിമോഷമായിരുന്നു അങ്ങനെ ഈ ആത്മീയ ആചാര്യന്മാർ അവര് ഇതും എന്താണ് സവിശേഷമായ അറി അത് ഉണ്ടാകുന്നില്ല അവര് ഫോർമലായ വിദ്യാഭ്യാസം കിട്ടിയവരായ കിട്ടിയില്ലെങ്കിലും ശരി അതൊരു വിഷയമല്ല അവരുടെ പ്രവർത്തിക്കുന്ന ഈ ടാസിറ്റ് നോളജെന്നൊക്കെ പറയും അതാണ് അവിടെ പ്രവർത്തിക്കുന്നത് അത് കൂടുതലും പ്രവർത്തിക്കുന്ന ഇൻജ്യൂഷൻ ആയിട്ടാണ് ഇൻജ്യൂഷൻ എന്ന് വെച്ചാൽ സൈക്കോളജിപ്പോലും ഡില്ലി ചെയ്യാൻ പ്രയാസപ്പെടുന്നവരുമായിരിക്കും കാരണം അതെല്ലാവർക്കും സംഭവിക്കുന്നില്ല അത് അതിന്റേതായ ജീനുണ്ടെങ്കിലേ സി അങ്ങനെ ആത്മീയമായി ശ്രദ്ധിക്കപ്പെടുന്നവരെ കുറിച്ചത് നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ ചെറിയ പ്രായത്തിൽ എന്താണ് ചെറിയ സവിശേഷതകൾ ആ ചെറിയ പ്രായത്തിൽ സവിശേഷതകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെപ്പോലെ തന്നെ അവർ ലോകത്തെ അറിയിക്കുന്നു വ്യത്യാസമൊന്നും പക്ഷെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ നിരീക്ഷണത്തിൽ അവരുടെ ഒബ്സർവേഷൻ വേറെയാണ് ലോകത്തെ കാണുന്നത് വേറെ രീതിയിലാണ് എല്ലാവർക്കും ആ ഒരു സിദ്ധിയുണ്ടാവും സയൻസ് പറയുന്നത് അവരുടെ ജീനൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിൽ തെളിവുപോലെയാണ് അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പോലെയാണ് ഇത് രണ്ടെങ്കിലും മാറി മാറി ചോദിച്ചുകൊണ്ടേ അവരൊരു വളരെ വിപുലമായ ഒരു അറിവിന്റെ ലോകത്തിലേക്കും സാധാരണ മനുഷ്യർക്ക് എത്തിപ്പെടാൻ അയ്യാത്ത അറിവിന്റെ അതുകൊണ്ടാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് പഠിക്കാതെ ഈ അറിവ് എങ്കിലുണ്ടായി നമ്മൾ അത്ഭുതപ്പെടുന്നത് അങ്ങനെ ഒരാഗ്രഹം കുറിച്ച് ആഗ്രഹിക്കാൻ ശാസ്ത്രം പറയുന്നു മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് അപ്പൊ സയന്റിഫിക്കാണോ അത് അങ്ങനെ മനുഷ്യർ പ്രവർത്തിക്കാം നമ്മളും കുറെ ശേഖരം പ്രവർത്തിക്കുന്നുണ്ട് വലുതായിട്ടില്ലെന്ന് ഒരാളുടെ അത് വലുതായി പ്രവർത്തിക്കാണ്ട് ശ്രദ്ധിക്കപ്പെടും ലോകം ശ്രദ്ധിക്കും എന്തെങ്കിലും പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന നമ്മൾ നമുക്ക് വ്യക്തിബന്ധങ്ങളുണ്ട് പക്ഷെ നമ്മൾക്ക് വ്യക്തിബന്ധങ്ങൾ ദൃഢമായി വ്യാപകമായി ഒരുപാട് അനേകം അനേകായിരം മനുഷ്യരോട് ഒരേപോലെ വ്യക്തിബന്ധം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല അറിവ് നമുക്കില്ല ആ ഇന്റലിജൻസ് നമുക്ക് അതാണ് അതിന്റെ പക്ഷേ അപൂർവം ചില വ്യക്തികളിൽ അങ്ങനെ ഒരു അത് ശരിക്കും അങ്ങോട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണെന്ത് ഒരുപാട് ആയുധങ്ങൾ മനുഷ്യരെ അടുക്കുന്നു ഓരോരുത്തരും എന്താണ് സ്വയം ഒരു ദൃഢമായ ബന്ധം സ്ഥാപിക്കുന്നു ആ ഒരു അതിന്റെ പിന്നിലെ അറിവാണ് അറിവും അറിവിനുസരിച്ചുള്ള ആചരണങ്ങൾ പ്രവർത്തിക്കണം തീർച്ചയായും സയന്റിഫിക്കാണ് അതിൽ അന്ധമായി വിശ്വസിക്കേണ്ട കാര്യങ്ങളും മൂഢമായി ഒന്നും സംഘടിപ്പിക്കേണ്ട കാര്യങ്ങളും പക്ഷെ അത് അപൂർവമായി മാത്രമേ സംഭവിക്കുന്നു എന്നുള്ളൂ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുക ഇതെങ്ങനെ കുട്ടിക്കാരന്മാരെ സംഭവിക്കും കുട്ടിക്കാരന്മാരെ സംഭവിക്കുന്നു അവരുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ കാണുന്ന പോലെ ചുറ്റുപാടുകൾ കാണും ഇനി അതിനോടൊപ്പം തന്നെ അവർക്ക് ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസും അത്യാവശ്യം അതും ഉണ്ടാവും അതിനിപ്പോ നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു ബാക്കിയൊക്കെ പഠിച്ച് പറയും അതിന് ശങ്കരാചാര്യന്റെ ആത്മജ്ഞാനവും രാമാനുജന്റെ ആത്മജ്ഞാനവും ഗൗതമ്മന്റെ ഗണാഥന്റെ ആത്മജ്ഞാനം വേണമെന്നൊരു നിർബന്ധം ഇവരില്ലെന്ന് ഇത്തരം ജ്ഞാനം പഠിച്ചു വന്നിട്ടല്ല അറിവുള്ളവരായി മാറി അങ്ങനെ പഠിച്ചു വന്നിട്ടില്ല അത് ആന്തരികമായി വിമർശിച്ചു അതേ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗമായി ഓരോരോന്നും ഓരോന്നും ഉള്ളിൽ വികസിച്ച് വരുന്നു അതുകൊണ്ടില്ലേ പ്രസ്വം പഠിക്കാതെ എന്ന അറിവുണ്ട് അറിയാതെ പറയാതെ കഴിയുന്ന അതുകൊണ്ട് ക്ലാസിക് നോളജ് എന്നൊക്കെ പറയുന്ന ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്ന അറിവ് ജ്യൂഷണൽ എന്ന് പറയുന്നത് പറയുന്നത് എന്താണ് നമുക്ക് രോഗത്തെ സംബന്ധിച്ച് ഒരുപാട് അറിവുണ്ടാവും പക്ഷേ അതിൽ നിന്ന് റീപ്രൊഡക്ഷൻ നമ്മൾ സംഭവിക്കുന്നുണ്ട് അതാണ് അറിവ് നമ്മുടെ ബ്രെയിനിലേക്ക് ഉണ്ടാകുന്നത് അവിടെ അതിനെ അതിന്റെ ഒരു അക്കുമിനേഷൻ അവിടെ സംഭവിച്ചു അതിങ്ങനെ ഉണ്ടാകും ചോദിച്ചു ആകാശത്തിന് മിന്നൽ കൊണ്ടു നോക്കും പ്രദക്ഷിണ അറിവുകൾ ഉണ്ടാകുന്നു പക്ഷേ അതെ ഒന്നും അവിടെ ഓടുന്നില്ല കടന്നുപോകുന്ന നമ്മളിതിനെ അറിയുന്നില്ല എന്തൊക്കെ അറിവാണ് ഒന്നും ഉണ്ടാകുന്നു നമ്മയെപ്പോലുള്ള വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നശിക്കുന്നില്ല എന്നിട്ടെന്തെയ്യുന്നു ഓരോ നിമിഷവും അവന്റെ ഒരാകത്തുക ഇപ്പോഴാണ് ആവശ്യമായി വരുന്നത് അപ്പോൾ ഒരു പുതിയ അളവിൽ നിന്നുണ്ടാകും അതവരുടെ ഈ ഒബ്സർവേഷനിൽ നിന്നുണ്ടായ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും രണ്ടും കൂടെ ചേർന്നിട്ടുണ്ട് വേഷനും എക്സ്പീരിയൻസിനും കൂടി ചേരുന്നതിൽ നിന്നുണ്ടാകുന്ന ഇൻക്യൂഷനും അതിനാണ്ട് ഇൻക്യൂഷൻ കൂടി പല കാര്യങ്ങളും അങ്ങനെയാണ് അതാണ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങനെ വളരെ പോറാണ് നമുക്ക് സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു വേറെ ഒരാളോട് പോയി ചോദ്യം ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യണം സീറോ ആണ് ആ വിഷയത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഇത് ചോദിക്കുന്നതാണ് അമ്മയെടുക്കും അമ്മ തീരുമാനമാണ് ആ തീരുമാനം എവിടുന്നാ വരുന്നത് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നം പഠിച്ചിട്ടാണ് തീരുമാനം വരുന്നത് അല്ല അതാണ് ഇൻജ്യൂഷൻ എന്ന് അതേ ഒബ്സർവേഷനിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും വരുന്നവരാകത്തുകയാണ് ഏത് പ്രശ്നം മുമ്പിൽ വരുമ്പോഴും ഉള്ളിലാണ് പരിഹാരം ആധ്യാത്മികമായ ഒരാളിൽ മാത്രമല്ല ഇത് അല്ലാത്ത മനുഷ്യർ കൊണ്ട് ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് വിജയിക്കുന്നവർ വിജയിക്കുക എന്ന് പറയുന്നത് എന്താണ് പരീക്ഷയ്ക്ക് പാസ്സാവുന്നില്ല അടുത്ത കാലത്തെ ഒരു കുട്ടി പരാതി പറയുന്നത് ഡൽഹിയിൽ ഞാൻ ഇതുവരെയുള്ള എല്ലാ പരീക്ഷയിലും ടോപ്പായിരുന്നു പക്ഷെ എനിക്കൊരു ജോലിയും കിട്ടുന്നില്ല അതുകൊണ്ട് ദയവ് നിങ്ങളാരെങ്കിലും പരീക്ഷയിലും ടോപ്പ് ആവാൻ ഇവിടെയും കാണും ചിലപ്പോൾ അത് വേറെ ആ വിജയിക്കാന്ന് പറയുന്ന അതല്ല നമ്മള് നമ്മളൊരു ദൗത്യം ഏറ്റെടുക്കുക ആ ഏറ്റെടുക്കുന്ന ദൗത്യത്തെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ശരി അതിനെല്ലാം അലിച്ചിരിച്ചുകൊണ്ട് താൻ വിചാരിക്കുന്നിടത്ത് കൊണ്ടെത്തിക്കുക നമുക്ക് കാണാം രാഷ്ട്രീയ നേതൃത്വത്തിൽ കാണാം ബിസിനസ്സിൽ കാണാം പല പല ഉണ്ടാവും ആത്മീയരംഗത്തും അങ്ങനെയാണ് പക്ഷെ അത് വളരെ കുറവാണ് ഒരുപാട് പേര് നമുക്ക് കാണാറുണ്ട് അത് അത് ഞങ്ങൾ പറയും ജന്മസിദ്ധമായൊരു കഴിവെന്ന് പറയും ആ ജന്മസിദ്ധമായ കഴിവെന്നാണ് ഞാൻ ഈ രണ്ടു തരത്തിൽ തന്നെ മനസ്സിലാക്കണം അവരുടെ അറിവും അവരുടെ പ്രവൃത്തിയും അന്തരംഗം പ്രവർത്തിക്കുന്നത് റിയാക്റ്റ് എന്നും മറ്റു രീതിയിലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് അടുത്ത ഞാൻ വാറൻ ലിഫറ്റിന്റെ ജീവിതം സമ്മാനിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞു നേരെ ഓപ്പോസിറ്റാകട്ടെ ഈ വൈദിക്കുമ്പോൾ നമ്മൾ ഈ ഭോതിയിലോട്ട് നിറയുള്ളത് തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിലാണ് കുടിയൊക്കെ ചെയ്യാറാവുന്നത് തൊട്ടതെല്ലാം പൊന്നാകും കുടി ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ ഈ തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിലും അടുത്ത ോകത്ത് തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിലും എന്താണ് കുടിയുടെ ആഹാര ഓരോഗ്യ പ്രശ്നമാണ് ആഹാരം എന്ന് പറയുന്നത് കോക്കോഹോളും ചോക്ലേറ്റും നമ്മളൊക്കെ അഭിമുഖിച്ചിട്ട് എത്രയും വർഷമാണ് ഒരു ആരോഗ്യ അതൊരു സ്പെഷ്യൽ മീനാണ് ഇപ്പോഴും ഒത്തിക്കൊരു ഉറപ്പു പക്ഷെ ഇവിടെ എടുത്ത് ചോദിച്ചാൽ നിങ്ങളുടെ വിജയരഹസ്യം എന്താണ് അത് ശ്രദ്ധിക്കേണ്ടതല്ല ഇവിടെ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ സന്തുഷ്ട സതത യോഗം ഞാൻ എന്നും സന്തോഷമാണ് സന്തോഷവാനാണ് കുട്ടിയുടെ ഒരു വിനോദമാണ് ഏറ്റവും മുഷിഞ്ഞ വേഷം ഒക്കെ ധരിച്ച് ന്യൂയോർക്കിലെ തെരുവുകളിൽ നടന്ന് ഭിക്ഷയായി ഇങ്ങനെ ഭിക്ഷയായി നോക്കിവയ്ക്കും ആരൊക്കെയാണ് പാവപ്പെട്ടവർ എന്നിട്ടെന്തെയും ഈ മുഷിഞ്ഞ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഡോളറുകളെടുത്ത അവർ പോകും ഒരു വിനോദമാണ് ആരോറി എന്താണ് അതാണ് എൻ്റെ സന്തോഷം ഒരുപാട് വ്യക്തികളെ സഹായിക്കും ആർക്കെങ്ങനെ കടബാധ്യത വന്ന ഇങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വേഷം മാറിക്കും ആരുടെ കടബന്ധങ്ങൾ അത് പരിഹരിക്കും അത്ര രക്ഷമാണെങ്കിൽ ഇങ്ങനെ കാശുണ്ട് ഇഷ്ടമാണ് അങ്ങനെ ഒരു ദാനം ചെയ്യുന്നതുകൊണ്ടാണ് ആൾക്ക് അല്ലെങ്കിൽ കോഴി ലോൺ മസ്സിൽ കാളിയാക്കാണായത് കാരണം പണം ഉണ്ടാക്കുന്നതിനും കണക്കില്ല ഷെയർ ബിസിനസ്സാണ് പണം അറിയാമെന്നുള്ളതും പണം ഉണ്ടാക്കാൻ സന്തോഷം എന്നവർ അപ്പോൾ അവരുടെ അറിവ് വേറെ രീതിയിലപ്പോൾ ആത്മീയ ലോകത്തിൽ ലോകത്ത് ആത്മീയമായി പരിവർത്തനം വരുത്തിയിട്ടുള്ളവരിലും എല്ലാവരും അതാണ് അവർ പഠിക്കുന്നത് ഇതാണ് ഇത്തരക്കാലം പഠിക്കുന്ന ഒന്നും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പഠിച്ചാലും അവർ പ്രവർത്തിക്കുന്നത് അത് അവരുടെ പ്രത്യേക അറിവാണ് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അറിവാണ് ആത്മീയരംഗത്ത് അത് തന്നെയാണ് സിമ്പിൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനേക്ക് കാണുമ്പോഴത്തേക്കും എല്ലാം കുറച്ചൊരു ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ അതിലൊരു വലിയൊരു എന്താ അത്ഭുതമൊന്നും തോന്നാറില്ല കാരണം അങ്ങനെ സംഭവിക്കുകയായി പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുകയായി പ്രതിഭാശാലികൾ ഈ ലോകത്ത് ജനിക്കുന്നു ജനിക്കുന്നവരാണ് പ്രതിഭാശ്ശേരി അതിനേതായ കാരണങ്ങളുണ്ട് അറിവില്ലായ്മ നമുക്ക് അത്ഭുതങ്ങളെ ഉണ്ടാകും അറിവ് നമുക്ക് സമാധാനത്തിൽ ഉണ്ടാവും ഇതോട് വ്യത്യാസം പറയുന്ന ആശ്ചര്യവും ചിലരാണ് ആശ്ചര്യമായിട്ടുള്ളത് എല്ലാവരും തന്നെ അതൊന്ന് ചിലൊരു മാറ്റം ഇതിന്റെ രഹസ്യം അറിയാതിരിക്കുന്ന അച്ഛരികൾ എന്റെ രഹസ്യത്തെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായത് എന്നതാണ് എന്റെ പിന്നിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അത് ആധുനികമായ ശാസ്ത്രങ്ങൾ അംഗീകരിക്കുന്നതായിരിക്കും അറിവെന്ന് പറയുന്നു പൊതുവെ അറിവെന്ന് പറയുന്നതാണ് ഏറ്റവും ആധ്യാത്മികമായി തന്നെയാണ് ആധ്യാത്മികമായ ഒരാൾ മാത്രം എടുത്തു കഴിഞ്ഞു ഇത് ബാക്കിയെല്ലാം ഇങ്ങോട്ടേ ആധ്യാത്മികമായി എടുത്തു കഴിഞ്ഞാൽ അയാള് ഒരു ശരിയായ യോഗിയാണോ അയാൾക്ക് യോഗയെ സംബന്ധിച്ച് ശരിയായ ആളുകൾ അത് ശരിയായ ഭക്തനാണോ ഭക്തിയെ സംബന്ധിച്ച് ശരിയായ അറിവാണ് ജ്ഞാനം പിന്നെ അറിവ് തന്നെയാണ് അതിന് ഏതൊരാധ്യാത്മിക മാർഗത്തിലായിട്ട് ഒരാൾ സഞ്ചരിച്ച ആ വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ അറി അത് മുഖ്യം പിന്നെ അറിഞ്ഞാൽ മാത്രം പറജത് അതിന്റെ പ്രവൃത്തി അതിന്റെ പരിശീലനം അതുപോലെ പ്രധാനപ്പെട്ട രണ്ടു ഒത്തു വരും രണ്ടു ഒത്തു വരുമ്പോഴാണ് അത് അപൂർവിച്ചു അവരാണ് നമ്മൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അസംഭവം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഈ ചെയ്തു വരും ഇതെങ്ങനെ സാധിക്കുന്നു നമ്മളെ അത്ഭുതപ്പെടുന്നതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം കിടക്കുന്നത് എന്താണെന്ന് അവരുടെ അറിവ് ഏത് പേരില് ആത്മീയമായിക്കൊള്ളട്ടെ ഭൗതികമായിക്കോളെ അല്ല അറിവിനനുസരിച്ചുള്ള പ്രവർത്തി അതില്ലാതെ വന്നാലോ അതാണ് ഇവിടെ പറയുന്നത് മൂർഖത ആ മൂർഖത എന്ന് പറയുന്നത് മനുഷ്യന് ഈ പറയുന്ന എല്ലാ മനുഷ്യന്റെ യോഗ്യതകളും നിശ്ചയിക്കുന്നതാണ് അതുകൊണ്ട് അറിവിന് തന്നെയാണ് എല്ലായിടത്തും പ്രഥികൾ അറിവിനുപരിയായിട്ടൊന്നുമില്ല എവിടെയെങ്കിലും ആത്മീയമായോ ഭൗതികമായോ എവിടെ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നു ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനമായി നീങ്ങുന്നത് അവരുടെ അറിവ് ആ അറിവ് എങ്ങനെ സംഭവിച്ചു അല്ലെന്നുള്ളത് അതിനും അതിനും അറിവിന്റെ ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു പക്ഷെ അത് അപൂർവമായി സംഭവിക്കുന്നു എന്നുള്ള ഒരു അപ്പോൾ ആർക്കില്ലാതെ വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തോന്നിയവരെയുള്ള മൂർഖതം അതാണ് അവിടെ